ഹാരൂൻ അലി ഹുസ്സലാം അവർക്കു മുൻപേ പറഞ്ഞിരുന്നു എന്റെ ജനതയെ നിങ്ങൾ ഇതിനാൽ പരീക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ രക്ഷിതാവ് പരമകാരുണികനായ അള്ളാഹു സുബാനഹുവത്ത് ആല ആണ് അതിനാൽ നിങ്ങൾ എന്നെ പിന്തുടരുകയും എന്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുക